Mm-hmm. സ്വിച്ചുകൊണ്ട് കീനോപനിഷത്ത് സാമവേദത്തിലെ ഉപനിഷത്താണ് സാമവേദത്തിലെ ബ്രാഹ്മണഭാഗത്ത് തലവകാരോപനിഷത്ത് തലവകാര ബ്രാഹ്മണം എന്നാണ് ആദ്യ ശാന്തിപാഠം ഇതിന്റെ ശാന്തിപാഠം അപ്യായന്തു മമാങ്കാനി എന്നുള്ളതാണ് ചേടത്ത് സഹനാപധു എന്നുള്ളതും ചേർത്തിട്ടുണ്ട് പക്ഷെ പൊതുവെ ഇതിന്റെ ശാന്തിപാഠമായി കണക്കാക്കുന്നത് അപ്യായന്തു രണ്ടുമായിരിക്കും സഹനാവവ സഹനൗ ഭുനക്ക് സഹ വീര്യം കരവാവഹൈ തേജസ്വിനധീതമസ്തു മാ വിദ്യുഷാവഹ ശാന്തി ശാന്തി ഇത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതിന് പ്രത്യേകമായി വരുന്നത് ആപ്യായു എന്നുള്ളതാണ് ആപ്യായു മമാങ്കാനി വാക് പ്രാണച്ചക്ഷു ശ്രോത്രം അധോ ബലം ഇന്ദ്രിയാണി ച സർവാണി ഷദം മാഹം മാക അനിക തദാത്മനിരതേ ഉപനിഷത്സു ധർമാറ്റൂടാതെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിരിച്ചു വായിച്ചത് അതിന് പറയുന്നത് മമാങ്കാനി എന്റെ അംഗങ്ങൾ പരിപുഷ്ടമാവട്ടെ പ്രാർത്ഥനാ രൂപത്തിലാണ് എല്ലാ ശാന്തി മന്ത്രങ്ങളും പ്രാർത്ഥനാരൂപത്തിലാണ് എന്റെ അംഗങ്ങൾ പരിപുഷ്ടമാകട്ടെ ശുദ്ധമാകട്ടെ എന്നും അർത്ഥം പറയുന്നുണ്ട് അതോടൊപ്പം അടുത്ത് പറയുന്ന എന്താണോ വാക് പ്രാണ ചു സ്രോത്രം ിയം പ്രാണന്മാരിൽ ചക്ഷേന്ദ്രിയം ശ്രോത്രേന്ദ്രിയം പറയുന്നു ബലം ബലം എന്ന് പറയുന്നതിന് ഇതിനെല്ലാം ബലം നൽകുന്ന മനസ്സ് അങ്ങനർത്ഥം പറയുന്നു അതുകൂടാതെ ഇന്ദ്രിയാണിജ സർവാണി സർവാണി ഇന്ദ്രിയാണിജ സർവ്വഇന്ദ്രിയങ്ങളും ഇവിടെ എല്ലാ ഇന്ദ്രിയങ്ങളും പേരെടുത്ത് പറഞ്ഞില്ല അതുകൊണ്ട് പറയുന്നു എല്ലാ ഇന്ദ്രിയങ്ങളും പുഷ്ടമാകട്ടെ എല്ലാ ഇന്ദ്രിയങ്ങളും ബലവത്താകട്ടെ അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ശുദ്ധമാകട്ടെ ഇത് ബ്രഹ്മവിദ്യയുടെ സന്ദർഭമാണ് ബ്രഹ്മവിദ്യയുടെ സന്ദർഭത്തിൽ ഇതെല്ലാം പുഷ്ടമാകട്ടെ ശുദ്ധമാകട്ടെ എന്ന് പറഞ്ഞത് എന്താ എന്റെ താല്പര്യം ഈ വിദ്യയെ ഗ്രഹിക്കേണ്ടത് ഇന്ദ്രിയങ്ങളുടെ സഹായത്താലാണ് ഈ വിദ്യയെ ഗ്രഹിക്കുന്നതിന് എന്റെ ശരീരവും മനസും ഇന്ദ്രിയങ്ങളും പ്രാണനുൾപ്പെടെ യോഗ്യമാകട്ടെ എന്നാണ് പ്രാർത്ഥന യോഗ്യമായി തീരണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ശാന്തിപാഠങ്ങൾ മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശാന്തിപാഠങ്ങൾ ശാന്തിക്ക് വേണ്ടിയുള്ളതാണ് ബ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നതിന് അവൻ ശാന്തനായിരിക്കും അവൻ്റെ മനസ്സ് ശാന്തമാണ് ശാന്ത മാനസേന അമ്പ് പഠിച്ചിട്ടുണ്ട് ശാന്തമായ മനസ്സുള്ളവന് ഇത് ഗ്രഹിക്കാൻ പറ്റും അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് അതിനുള്ള തയ്യാറെടുപ്പെന്നുള്ള നിലയ്ക്ക് മനസ്സിനെ ശാന്തമാക്കും അതിന് ശാന്തമാക്കുന്നതിന് ഉള്ള എന്താണ് ഇവിടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഇവിടെ ബ്രഹ്മത്തോടാണ് പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് ഇവിടെ ഭാഷകാരം തന്നെ വ്യാഖ്യാനിക്കും എന്താണോ നിർഗുണമാണ് നിരാകാരമാണ് അപ്പൊ അത് അതിനോട് പ്രാർത്ഥിച്ചിട്ടെന്തോ കാര്യം അവിടെ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനും അങ്ങനെയുള്ള ഭേദമില്ല അങ്ങനെയുള്ള ബ്രഹ്മത്തോട് പ്രാർത്ഥിച്ചിട്ട് വിശേഷം അത് അസ്പർശം അരൂപം അരസം അഗന്ധം എന്നെല്ലാം പറയുന്നു അവിടെ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളുടെ സ്പർശം പോലും ഇല്ല അതൊന്നുമില്ലാത്തടത്ത് ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും ഇന്ദ്രിയം പ്രവർത്തിക്കാത്തടത്ത് പ്രാർത്ഥന കൊണ്ട് എന്താ പറയുക അപ്പോ അതേ ബ്രഹ്മം തന്നെ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം തന്നെ സഗുണമായിരുന്നു പ്രാർത്ഥന ഗ്രഹിക്കുന്നു അതും ശ്രുതി തന്നെ പറയും എന്താണ് കണ്ണില്ലാത്തവനാണ് പക്ഷെ കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാത്തവനാണ് പക്ഷെ ചെവിയില്ലാതെ കേൾക്കുന്നു നിർഗുണമായിരിക്കുന്നത് തന്നെ സഗുണമായിരുന്നു പ്രാർത്ഥനയെ കേൾക്കുന്നു ഹിക്കുന്നു പക്ഷെ അവിടെയും എന്താണോ അവിടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല ഇന്ദ്രിയരഹിതനായിട്ടാണ് പ്രാർത്ഥനയെ സ്വീകരിക്കുന്നത് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ജിജ്ഞാസു ആണ് ജിജ്ഞാസു മറ്റൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞല്ലോ തന്റെ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ യോഗ്യത ഈശ്വരാനുഗ്രഹത്തിലൂടെ സാധ്യമാകും അപ്പൊ ബ്രഹ്മത്തിനോട് പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥമല്ല പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി എന്തു ചെയ്യും ബ്രഹ്മം ആരൂപത്തിലായി മാറും അങ്ങനെയാണ് നമ്മൾ അതിന്റെ സഗുണഭാവം എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു പ്രത്യേകതയുണ്ട് ാണ്ഡങ്ങളാണ് അതിൽ ആദ്യത്തെ രണ്ട് കാണ്ഡങ്ങളും കുറിച്ചും പറയുന്നത് ശുദ്ധ ബ്രഹ്മവിദ്യയെ കുറിച്ച് പറയുന്ന അങ്ങനെ പറയാൻ കാരണം പിന്നീട് വരുന്ന രണ്ട് കണ്ഡങ്ങളിൽ രക്ഷോപാഖ്യാനം അവിടെ ഈ വിദ്യയെ സ്തുതിക്കുന്ന തരത്തിലുള്ള ഉപാഖ്യാനാണ് കഥാരൂപത്തിലവിടെ തത്വത്തെ അവതരിപ്പിക്കും ആദ്യം അങ്ങനെയല്ല തത്വത്തെ ശുദ്ധമായ നിലയിൽ അവതരിപ്പിക്കും അതുകൊണ്ട് അതിന് ശുദ്ധ ബ്രഹ്മവിദ്യ കാണ്ഡം എന്ന് പറയും അതിനും ഒരു പ്രത്യേകതയുള്ളത് അവിടെ ഗുരുപരമ്പരയെ സ്മരിക്കും അവിടെ പറയുന്നു ഈ വിദ്യ ഗുരുപരമ്പരയിലൂടെ വരുന്നതാണ് എന്ന് പറയുന്നു എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്നാരുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഇത് സ്വയംഭൂവായതൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല അനുഭവിച്ചു പരമ്പരയിലൂടെ സംഭവിക്കട്ടുള്ളൂ നമുക്ക് ഇതേനും പറഞ്ഞല്ലോ ഞാനിത് സൂര്യനെ ഉപദേശിച്ചു പിന്നെ അത് മനുവിന് വന്നു വന്നു അങ്ങനെ ആ വിദ്യാപരമ്പര ഇവിടെയും ഒരു ോട്ടി ശേഷൻ സംശയം ചോദിക്കുന്നു ഗുരുപദേശിക്കുന്നു അങ്ങനെ ഗുരു ഉപദേശിക്കുമ്പോഴും ഗുരു പറയും ഇത് എന്റെ അഭിപ്രായമല്ല ഞാൻ സ്വയംഭൂമൊന്നുമല്ല ഇത് ഗുരുപരമ്പരയിൽ നിന്ന് ഞാൻ കേട്ടതാണ് ഗുരുക്കന്മാരെ ആദരിക്കുന്നു അപ്പോ ഇവിടുത്തെ പ്രാർത്ഥന ഈ ഗുരുക്കന്മാരോടാണ് ടപ്പുറം ഇത് എനിക്കറിയാം ഒരു പരമ്പരയിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചതാണ് പക്ഷെ ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലാണ് കേൾക്കുന്നവൻ ഇത് ബോധ്യപ്പെടുന്നതെന്ന് അതെനിക്കറിയത്തില്ല എങ്ങനെ വ്യാഖ്യാനിച്ചാലാണ് ശ്രോതാവിനത് സുഗ്രഹമായി തീരുന്നത് അത് എനിക്കറിയത്തില്ല പറഞ്ഞാൽ അതിനുള്ള പ്രത്യേക ഉപായങ്ങളൊന്നുമില്ല വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മാത്രം ശ്രോതാവിന് പ്രയോജനം ഉണ്ടാകാത്ത എത്ര സമർത്ഥമായി വ്യാഖ്യാനിച്ചാലും ശ്രോതാവ് അത് ഫലപ്രദമാകണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഗുരു ഇതെങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല എങ്ങനെ വിശദീകരിച്ചാൽ നിനക്കത് പ്രയോജനപ്പെടും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതെനിക്കറിയില്ല എന്നാണ് പറയുന്നത് ഞാൻ വി കാരണം സ്വയം പ്രകാശിക്കുന്നതാണ് ഈ വിദ്യ ഗുരുപരമ്പരയിൽ പ്രകാശിക്കുന്നതാണ് വിദ്യ അതിനെ എങ്ങനെ പ്രകാശിപ്പിക്കണമെന്നറിയത്തില്ല െങ്ങനെ പ്രകാശിക്കും യോഗ്യതയുള്ളവനെ അത് പ്രകാശിക്കും അതുകൊണ്ടാണ് ഇവിടെ യോഗ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതേ പ്രാർത്ഥിക്കാനും അല്ലാതെ ഒരാൾക്ക് വിദ്യ എടുത്ത് വേറെ ആളിന് കൊടുക്കാനോ ഒരാൾക്ക് വിദ്യ വേറെ പഠിപ്പിക്കാനോ ഒരാൾക്ക് വേറെ ആളിന് വിദ്യയെ വർണ്ണിച്ചു കൊടുക്കാനോ വിടെ പറയുന്നത് എന്റെ ശുദ്ധി അത് തന്നെ സംഭവിക്കുന്നു ഇതിനെ ഗ്രഹിക്കുന്നതിന് തന്റെ ശരീരം ഉൾപ്പെടെയുള്ള സർവ്വതം ഇവിടെ പറഞ്ഞല്ലോ ശരീരം അംഗങ്ങൾ എന്ന് പറഞ്ഞ ശരീരമാണ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ മനസ്സ് എല്ലാം വന്നു കഴിയും പൂർണ്ണമായും ശരീരം മനസ്സ് പ്രാണന്മാരെല്ലുദ്ധമായിരിക്കും പരമമായ പരിശുദ്ധിയിൽ മാത്രമേ ഇത് പ്രകാശിക്കൂ ഭാഷകാരനും പറയും അങ്ങനെയല്ലാത്തവനത് പ്രകാശിക്കത്തില്ല ബ്രഹ്മചര്യ വ്രതം പോലെയുള്ള വ്രതങ്ങൾ ശീലിക്കുന്നതും ആ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമായും ശാരീരികമായും മാനസികമായും ഇന്ദ്രിയപരമായുള്ള ശുദ്ധി ആ ശുദ്ധിയുടെ പൂർണ്ണത സംഭവിക്കും അതാണ് പറയുന്നത് എന്താണ് എന്റെ അംഗങ്ങളെയും ശുദ്ധമാക്കണം എന്ന് പറയും അത് അങ്ങനെയുള്ള കഠിനമായ വ്രതങ്ങൾ സ്വീകരിക്കുക സാധ്യത അതുകൂടെ ഭാഷകാരണ്യ വരുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അങ്ങനെയുള്ള പരിശുദ്ധിയുള്ളവർക്ക് മാത്രമേ നമ്മുടെ ഭാഷ ഗാനം പ്രിയേഷണ ത്യാഗം ആ ത്യാഗത്തിലൂടെയുള്ള പരിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ വിദ്യ പ്രകാശിക്കത്തില്ല ആ പരിശുദ്ധി നഷ്ടപ്പെടുത്തി ലൌകിക ഭോഗങ്ങളിൽ മുഴുകുന്ന മനുഷ്യർക്ക് ഒരിക്കലും ഈ വിദ്യ പ്രകാശിക്കത്തില്ല അതുകൊണ്ടാണ് ശരീരം ഉൾപ്പെടെയുള്ളതെ ശ്രദ്ധിക്കുവേണ്ടി അല്ലാതെ ഇവിടെ അപ്യായന്തോ പുഷ്ടമാകട്ടെ എന്നും അർത്ഥം സാധാരണ ഒരാൾ ധരിക്കാവുന്ന തരത്തിലത് ശരീര പുഷ്ടിയല്ല മനസിന്റെ ഇന്ദ്രിയങ്ങളുടെ പുഷ്ടിയല്ല അതിലൂടെ ഒരു പ്രസക്തിയില്ല അതെല്ലാം പുഷ്ടമായിരിക്കുന്നത് നല്ലതാണ് ശരീരത്തിനും മനസ്സിനും എല്ലാം ആരോഗ്യം ഉണ്ടായിരിക്കുന്നതല്ല പക്ഷെ ആത്മവിദ്യയുടെ സന്ദർഭത്തിൽ അതിന് പ്രാധാന്യമില്ല നല്ല ആരോഗ്യം ഉണ്ടായിരുന്നാല് ഇന്ത്യങ്ങളെല്ലാം അതിന്റെ പൂർണതയിൽ പ്രവർത്തിച്ചാല് ആത്മവിദ്യ ഉണ്ടാകും എന്നില്ല കേൾക്കുന്നതിന് സേവിക്കുന്നല്ല ക്ഷമത വേണം കാണുന്നതിന് കണ്ണിന് നല്ല ക്ഷമത വേണം എന്നൊന്നും അർത്ഥമില്ല അതെല്ലാം ലൗകികമായ കാര്യങ്ങൾക്ക് ഉപകരിക്കും ശരീര പുഷ്ടി ഇന്ദ്രിയ പുഷ്ടി എന്നാണ് ഇവിടെ അതെല്ലാം ഉദ്ദേശിക്കും ഇവിടെ അതിന്റെ ശുദ്ധിയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് ഗുരുക്കന്മാരെ സ്മരിക്കുന്നു അതാണ് പറയുന്നത് തുടർന്ന് വരുമ്പോൾ ഞങ്ങൾ ഗുരുക്കന്മാരിൽ നിന്നും ഇത് ശ്രമിച്ചിരിക്കുന്നു എന്നാണ് അവിടെ ഗുരുക്കന്മാരെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു ഈശ്വരനെ കുറിച്ച് പറയുന്നത് എന്താണോ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് അത് കാണുന്നില്ല കേൾക്കുന്നില്ല ീശ്വരനെ കുറിച്ച് പറയുന്നത് കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു ഗുരുവിനെ കുറിച്ച് പറയുന്നതോ ഒരു കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു അത് ഈശ്വരനും കഴിയത്തില്ല ഈശ്വരനെ കണ്ണില്ലാതെ കാണാനേ പറ്റൂ ഗുരുവിനങ്ങനെയല്ല ഒരു കണ്ണുകൊണ്ട് കാണുന്നവനാണ് ചെവി കൊണ്ട് കേൾക്കുന്നവനാണ് വാക്കുകൊണ്ട് പറയുന്നവനാണ് അങ്ങനെ ഗുരു വാക്കുകൊണ്ട് പറയുന്നത് കൊണ്ടാണ് ജിജ്ഞാസവന് ചെവി കൊണ്ട് ശ്രവിക്കാൻ കഴിയും അല്ലെങ്കിൽ വിദ്യ പാരമ്പര്യം ഇങ്ങനെ എന്തിനാ കത്തില്ല അതാണ് ഗുരുവിന്റെ മഹത്വം ആ വിദ്യയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഗുരുവാണ് ശ്രേഷ്ഠ ഗുരുവാണ് ആ വിദ്യയെ ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഗുരുവിനെ അസ്മരിക്കുന്നു അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ബ്രഹ്മത്തോടാകാം ഈശ്വരനോടാകാം ഗുരുവിനോടാകാം വിദ്യ ഉപദേഷ്ടാവായിരിക്കുന്നു ഗുരുവിനോട് ഞാൻ പറയുന്നത് അതിന്റെ സന്ദർഭമാണ് അടുത്ത് വരുന്നത് തനിക്ക് ശുദ്ധി വേണം ശാരീരികമായ മാനസികമായ ഇന്ദ്രിയപരമായ ശുദ്ധി വേണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത് സ്മരിക്കുന്നത് ഗുരുവിനെയാണ് സ്മരിക്കുന്നത് ഗുരുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി സ്മരിക്കുകയാണ് ുംമാങ്കാനി വാക്ക് ചക്ഷുത്രം അധോലം സർവാണിജ ഇന്ദ്രിയാണിജ എന്ന് പറയുമ്പ സർവാത്മകമായ പരിശുദ്ധി അതെന്നിൽ ഉണ്ടാകട്ടെ ആ വിദ്യാ പാരമ്പര്യത്തിലൂടെ ഈ ആത്മവിദ്യ എന്നിൽ പ്രകാശിക്കട്ടെ സർവം ബ്രഹ്മ ഔപനിഷം സർവം ഔപനിഷതം ബ്രഹ്മ സർവവും ഔപനിഷതമായ ആ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയും ഇവിടെ സർവമെന്ന് പറയുന്ന എന്താണ് സർവമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സാധാരണ പറയുന്നതാണ് പ്രപഞ്ചം അത് ശരിയായ അർത്ഥം തന്നെയാണ് പക്ഷെ ഇവിടെ മുമ്പ് പറഞ്ഞിരിക്കുന്നത് പറയുന്നു രാമൻ കൃഷ്ണൻ കേശവൻ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു രാമനും കൃഷ്ണനും കേശവനുമാണ് അവൻ ഇവിടെ എന്തു പറഞ്ഞു എന്റെ അംഗങ്ങൾ വാക്ക് പ്രാണൻ ചക്ഷു ശ്രോത്രം ഇന്ദ്രിയങ്ങൾ സർവം സർവവും എല്ലാം എന്താണ് ഔപനിഷമായ ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമെല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷെ ഇവിടെ എല്ലാ പ്രപഞ്ചത്തെയും സ്മരിച്ചിട്ട് കാര്യമില്ല എന്റെ മനസ്സും എന്റെ ഈ ശരീരവും ഇപ്പോ ഈ ജന്മത്തിൽ ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ ഈ ആത്മവിദ്യയ്ക്ക് ഉതകുന്നതായ സർവവും മുന്നിലുള്ള സർവവും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ് ആ പരമാത്മാവ് തന്നെയാണ് ആ പരമാത്മാവ് ആര് അനിർഗുണമായ ബ്രഹ്മമായിരിക്കുന്നവൻ ഈശ്വര രൂപത്തെ സ്ഥിതി എന്താ അങ്ങനെ പറയുന്നത് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ പരമമായ ശുദ്ധി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ ബ്രഹ്മത്തിലാണ് അത് പരിശുദ്ധ സ്വഭാവത്തോടുകൂടിയതാണ് താൻ ശുദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തന്റെ ഇന്ദ്രിയങ്ങളും ശരീരവും ഇതെല്ലാം പരിശുദ്ധമായിരുന്നേ മതിയാവും എന്തുകൊണ്ട് അതാ പരിശുദ്ധമായ ബ്രഹ്മസ്വരൂപം തന്നെ നേഹനാനാസ്തികിഞ്ചന എന്നെല്ലാം പറയുന്നു സർവമുഖൽ വിധം ബ്രഹ്മ എന്ന് പറയുന്നു വിദന പരിശുദ്ധമായി തന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ സ്വരൂപം പരിശുദ്ധമാണ് ഞാൻ ഇതിനെ മലിനമാക്കുന്നു ഞാനിതിനെ മലിനമാക്കി വീണ്ടും അത് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രാപിക്കണം ആ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കണം അതിന്റെ പവിത്രതയെ പ്രാപിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പവിത്രത കൊണ്ടേ ഇത് പ്രകാശിക്കത്തുള്ളൂ ഇവിടെ പവിത്രതയെ ധ്യാനിക്കണം ആ പരിശുദ്ധിയെ ധ്യാനിക്കുമ്പോൾ സ്വയം അവൻ പരിശുദ്ധനായിത്തീരും അവൻ അതിനെ മലിനമാക്കിക്കഴിഞ്ഞു എങ്ങനെയോ അത് മലിനമായി തിരിച്ച് ആ പരിശുദ്ധിയിലേക്ക് മടങ്ങി വരാതെ നിവർത്തി ഇതിൽ നിന്നുള്ള മോചനമെന്ന് പറയുന്ന പരിശുദ്ധിയാണ് പരിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഒന്നും പിടിച്ചടക്കാനൊന്നുമില്ല ബ്രഹ്മവിദ്യയെ നേടിയെടുക്കാനൊന്നും സാധ്യ അതെല്ലാം അസാധ്യമാണ് പക്ഷേ എന്തിനാണോ സ്വയം മലിനമാക്കിയത് അതിനെ ശുദ്ധമാക്കാം അതിനെ ശുദ്ധമാക്കുന്നതിന് വേണ്ടി ഒന്ന് ആ പരമപരിശുദ്ധമായിരിക്കുന്ന പരമാത്മതത്വത്തെ സ്മരിക്കുക അതിനോട് തന്നെ പ്രാർത്ഥിക്കുക അങ്ങനെ ആയാലേ മറ്റ് വ്രതങ്ങളെല്ലാം സ്വീകരിച്ചും ആ പരിശുദ്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആ പരിശുദ്ധിയിലെ വിദ്യപ്രകാശിക്കത്തുള്ളൂ ഭാഷകാരം പറയും എന്താണോ സത്വശുദ്ധി ആ സത്വശുദ്ധിയിലൂടെ സാധിക്കത്തുള്ളൂ എന്റെ തുടക്കത്തിൽ ഭാഷ കുറിച്ചാണ് ബാക്കി എന്തെല്ലാം മുമ്പ് പറഞ്ഞോ ഇവിടെ പറയുന്നതിന് മുമ്പ് ഈ വനിശത്തിന്റെ മുൻഭാഗങ്ങളിലെല്ലാം കർമ്മങ്ങളെ കുറിച്ചും ആ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം ഈ സത്വശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ സത്വശുദ്ധി കർമ്മങ്ങളിലൂടെയും ഉപാസനകളുടെയും സംഭവിക്കുമ്പോ അവിടെ ജ്ഞാനും പ്രകാശിക്കും അതെല്ലാം ഏറെക്കുറെ കഴിഞ്ഞവനാണ് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്റെ കർമ്മത്തിലൂടെയും എന്റെ ഉപാസനകളുടെയും ആ ശുദ്ധി എന്നെ സംഭവിക്കട്ടെ അത് സംഭവിക്കണം എന്തുകൊണ്ട് അതാണ് എന്റെ വാസ്തവസുരം മാലിന്യം ഞാൻ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് അത് സ്വതസിദ്ധമായിട്ടുള്ളതല്ല അതുകൊണ്ടത് ഇല്ലാതാകണം അതുകൊണ്ട് ഇതെല്ലാം എന്താണോ ഇവിടെ ഇപ്പോൾ മലിനമായിരിക്കുന്നു എന്താണോ തന്നെ ഞാൻ അജ്ഞനാണ് ഞാൻ കാമിയാണ് ഞാൻ രാഗദ്വേഷമുള്ളവനാണ് എന്നെല്ലാം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അങ്ങനെ ബോധ്യപ്പെടുന്നതും അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതും സർവ്വ വേദ്യവും വേദനയ്ക്കുള്ള ഉപായമായിരിക്കുന്നു വേദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്നതും വേദന എന്ന് പറഞ്ഞാൽ അറിവ് അതിനുള്ള ഉപായമായിരിക്കുന്നു സർവമെന്താണ് ഔപനിഷതും ബ്രഹ്മ പരമപരിശുദ്ധമായ ആ പരമാത്മതത്വം തന്നെയാണ് അതുകൊണ്ട് പറയണെന്താണ് അതെന്നെ കൈവിടരുത് മാഹം ബ്രഹ്മ നിരാകുരിയാ മാ ബ്രഹ്മ നിരാകരോ എന്നെ ബ്രഹ്മം നിരാകരിക്കരുത് ഇപ്പൊ നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് എന്ന സ്വയം ഈ ലോകത്തിൽപ്പെട്ട് ഈ ജീവഭാവത്തിൽ വന്നിട്ട് സ്വയം തന്നെ മലിനമാക്കിയിരിക്കാണ് ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ മനസ്സു കുടുങ്ങിയാണ് മലിനമാകുന്നത് അതിനനുസരിച്ച് ഈ കർണങ്ങളെല്ലാം പ്രവർത്തിച്ച് ഈ ശരീരവും പ്രാണൻ പോലും മലിനമായി എന്നിട്ടാണ് അവൻ ബ്രഹ്മവിദ്യയെ അർത്ഥിക്കുന്നത് അങ്ങനെ ബ്രഹ്മവിദ്യ നേടാൻ സാധ്യമുണ്ട് നേടണമെങ്കിൽ എന്തു ചെയ്യണം ഈ പരിശുദ്ധി കൈവരണം അതിനുവേണ്ടി പറയുന്നു എന്നെ ആ ബ്രഹ്മം നിരാകരിക്കരുത് ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ചെറിയ ചോദി ബ്രഹ്മത്തിനുള്ള എന്തിനു പ്രാർത്ഥിക്കണം ബ്രഹ്മം നിരാകരിക്കരുത് കൈവിടരുതെന്ന് പറയും ർഗുണമെന്നെ നിർഗുണമായ ബ്രഹ്മം ആരെയും പിടിക്കുന്നുമില്ല ആരെയും വിടുന്നുമില്ല എന്ന് പറയുന്നത് സത്യമാണെന്തുകൊണ്ട് ശ്രുതി തന്നെ അത് പറയുന്നു കുറവ് ആചാര്യന്മാർ പറയുന്നത് നിർഗുണമാണ് അതെന്നെ നിരാകരിക്കരുത് എന്ന് പറയുന്നതിനെന്താ താല്പര്യം ്രഹ്മമെന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ് നിർഗുണം നിരാകാരം നിരഞ്ജനം ഇങ്ങനെയുള്ള ഒരു അർത്ഥബോധമാണ് നമ്മുടെ മനസ്സിൽ വാസ്തവത്തിൽ ബ്രഹ്മശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥം മാത്രമല്ല ഉള്ളു ബ്രഹ്മശബ്ദത്തിന്റെ പരമമായ താല്പര്യമാണത് പറയുന്നത് ബ്രഹ്മമെന്ന് കേട്ടാൽ ഒരിക്കലും നിർഗുണമെന്ന് ധരിക്കരുത് അങ്ങനെയും വിശദീകരിക്കാവുന്നേ ഇവിടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ബ്രഹ്മം കേൾക്കാൻ കഴിവുള്ള ബ്രഹ്മമാണ് പറഞ്ഞല്ലോ ചെവിയില്ലാതെ കേൾക്കുന്ന ബ്രഹ്മമാണ് അത് രണ്ടുമാണ് എന്താണ് കേൾക്കാതിരിക്കുന്നതും കേൾക്കുന്നതുമാണ് കേൾക്കുന്ന ഭാവത്തിൽ അതിനോട് പ്രാർത്ഥിക്കുകയാണ് നിരാകരിക്കരുത് വീണ്ടും സംശയം വരും ഈ പ്രാർത്ഥന കേൾക്കുന്നു എന്നുണ്ട ഉറപ്പ് പ്രകടമായ ഭാവത്തിൽ നമ്മുടെ മുമ്പിലില്ലല്ലോ നമ്മുടെ മുമ്പിലുണ്ടോ നമ്മൾ കാണുന്നു നമ്മളീ പ്രപഞ്ചത്ത് കാണുന്നത് പോലെ നമ്മൾ കാണുന്നില്ലല്ലോ ഇത് ശ്രുതി പറയുന്നതേ ഉള്ളു എന്താണ് ചെവിയില്ലാതെ കേൾക്കുന്നു നമുക്കതിന്റെ മുമ്പിൽ അതിനെ സാക്ഷാത്തായി ദർശിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കേൾക്കുന്ന ബ്രഹ്മുണ്ട് ബ്രഹ്മം പറഞ്ഞുള്ള പലതരത്തിലുണ്ട് അതായത് ആ ബ്രഹ്മം ഗുരു സാക്ഷാത് പരമ്പ്രഹ്മ പരംബ്രഹ്മമായിരിക്കുന്ന ഗുരു പറഞ്ഞല്ലോ നമ്മള് പറയുന്നത് കേൾക്കുന്ന ബ്രഹ്മുണ്ട് സാക്ഷാത്തായി നമ്മുടെ മുമ്പിൽ പ്രപഞ്ചത്തെ കാണുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ബ്രഹ്മുണ്ട് അതാണ് ഗുരു അതുകൊണ്ടാണ് ഇവിടെ ഗുരു പരമ്പരയെ സ്മരിക്കുന്നത് ഗുരു പരമ്പരയെന്ന് പറയുമ്പോൾ കേവലം ഒരു തത്വം തന്നെ നനയ്ക്കല്ല ബഹുവിനത്തിൽ പറയുന്നു ഒന്നിൽ നിന്ന് മറ്റൊന്നായി പരമ്പരയായി ഗുരുക്കന്മാർ നിലനിൽക്കുന്നു ഗുരു പരമ്പര നിലനിൽക്കുന്നു അപ്പൊ ശരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ആരാണ് ഗുരു രൂപത്തിലുള്ള ആ ബ്രഹ്മമാണ് അവിടെ മാത്രമേ നമുക്ക് ഗ്യാരണ്ടിയുള്ളു ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് മറ്റൊന്നും ഉറപ്പില്ല ശ്രുതി പറയുന്നു പുരാണം പറയുന്നു ഇതിഹാസം പറയുന്നു നമ്മുടെ ഇത് വേറെ പ്രമാണങ്ങളല്ലാതെ തെളിവല്ല അതൊന്നും പ്രത്യക്ഷമാണ് പക്ഷേ ഗുരു അങ്ങനല്ല പ്രത്യക്ഷമാണ് ബ്രഹ്മം എന്നെ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ താല്പര്യം പരവുമായ താല്പര്യം പ്രത്യേകിച്ചും കേനുപനിഷത്തിന്റെ അതനുസരിച്ച് ഈ വിദ്യ ഉപദേശിക്കുന്ന ആ ഗുരു പരമ്പര അതെന്നെ കൈവിടരുത് മൂർത്തിയുമത്ഭാവം പ്രാപിച്ചിരിക്കുന്ന ആ ബ്രഹ്മം ഗുരുരൂപത്തിലുള്ള ബ്രഹ്മം അത് കൈവിടരുത് എന്നാണ് തന്റെ കൂടെ പറഞ്ഞല്ലോ തന്റെ ശുദ്ധി അശുദ്ധി തന്നെയായ പുഷ്ടി അത് ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടിയേ സാധ്യമാകും ആ ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടിയേ ഈ ബ്രഹ്മവിദ്യ പ്രകാശിക്കത്തുള്ളൂ ആ നിർഗുണ ബ്രഹ്മം തന്നെ ഗുരുരൂപത്തിൽ വന്ന് അനുഗ്രഹിച്ചാലേ ഈ വിദ്യ പ്രകാശിക്കത്തുള്ളൂ അപ്പൊ വിദ്യയുടെ സന്ദർഭത്തിൽ ബ്രഹ്മവിദ്യ ഉപദേശത്തിന്റെ സന്ദർഭത്തിൽ നിർഗുണബ്രഹ്മം ശകുണേശ്വരൻ ഗുരു ഈ മൂന്നിൽ ഗുരുവിനാണ് പ്രാധാന്യം എല്ലാം മഹത്വമുള്ളത് തന്നെ പക്ഷെ പ്രത്യേകം അത് പറയുന്നതാണ് ആ വിദ്യ ഉപദേശ സന്ദർഭത്തിൽ മറ്റൊന്നിനും സഹായിക്കാനായി ഒന്നുമില്ല നേരിട്ട് പ്രത്യക്ഷമായി ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളെ ഉള്ളു ഗുരുമാത്രം അതുകൊണ്ട് അതിന്റെ താൽപ്പര്യം അതാണ് ആ ഗുരുബ്രഹ്മം എന്നെ നിരാകരിക്കരുത് ഗുരു നിരാകരിച്ചാൽ പിന്നെ ശുദ്ധിയല്ല ബുദ്ധിയുമില്ല രണ്ടും നഷ്ടപ്പെടും ആദ്യ ശുദ്ധി പിന്നെ ബുദ്ധി അതാണ് ദ്വൈതം പറയുന്നത് രണ്ടും നഷ്ടപ്പെടും ശുദ്ധിയും ഇല്ല ബുദ്ധിയും ഇല്ല ബുദ്ധി എന്ന് പറയുന്നത് ആത്മബോധം ആത്മപ്രകാശം അതും നഷ്ടപ്പെടും ഇവിടെ മറ്റൊന്നുകൂടി പറയുന്നു മാം എന്നെ മാ നിരാകരോ ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കരുത് എന്നാ രണ്ടു പ്രാർത്ഥനയാണ് ഒന്ന് ബ്രഹ്മ എന്നെ കൈവിടരുത് രണ്ടാമത് പറയുന്നത് എന്താണ് ഞാൻ ബ്രഹ്മത്തെ കൈവിടരുത് എന്ന് പറയുന്നു ഞാൻ ഈശ്വരനെ കൈവിടരുത് ഞാൻ ഗുരുവിനെ നിരാകരിക്കരുത് നിരാകരിക്കരുതെന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ നിലയിൽ നിന്ന് പറയുമ്പോ നിഷേധിക്കരുത് നിന്ദിക്കരുത് എന്നുള്ള അർത്ഥമാണ് കൂടുതലും യോഗ്യ ഗുരുവിന്റെ തലത്തിൽ പറയുമ്പോ എന്താണ് ഗുരു എന്നെ കൈവിടരുത് എന്ന് പറയാം നിരാകരോ നിരാകരിക്കരുത് കുട്ടികളും എന്റെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴോ ഞാൻ ഗുരുവിനെ കൈവിടരുതെന്നുള്ളതാണ് ഞാൻ ഗുരുവിന്റെ രക്ഷകനല്ല ഗുരുവിനെ കൈവിടരുതെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം പക്ഷെ മറ്റൊന്ന് പറയാൻ എന്താണ് ഞാൻ ഗുരുവിനെ നിരാകരിക്കരുത് ഒന്നിനെ നിരാകരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് നിഷേധിക്കരുത് നമ്മളെ മനസ്സിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഗുരുവിനെ നിന്ദിക്കുന്നില്ല നിഷേധിക്കുന്നില്ല അതിനെന്തിനങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിക്കുന്നുള്ളൂ ഗുരുനെന്താ ഗുരുനിഷേധം അത് സംഭവിക്കുന്നു അതിനെന്താ തന്റെ കയ്യിൽ ചോദിച്ചാൽ എന്താണ് തെളിവ് അതാണ് രക്ഷപ്പെടാതിരിക്കുന്നത് അതിന്റെ തെളിവ് അല്ലെങ്കിൽ ഇതിനെ താൻ രക്ഷപ്പെടേണ്ടതല്ല കാരണം ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താണ് മാഹം ബ്രഹ്മനിരകുര്യ എന്നെ ഗുരു കൈവിടരുത് ബ്രഹ്മം കൈവിടരുത് ഈശ്വരൻ കൈവിടരുത് എന്നാണ് നേരിട്ട് പ്രാർത്ഥിക്കാൻ ഗുരു തന്നെയുള്ളു മറ്റു രണ്ടും കൂടെ ഇരിക്കട്ടെ പ്രായോഗികമായി ഗുരു സാക്ഷാത് പരമ്പര അത് തന്നെ അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ഗുരു നേരിട്ട് ചെവി കൊണ്ട് എന്താ രക്ഷപ്പെടാത്തത് അതിനാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഞാൻ ഗുരുവിനെ നിരാകരിക്കാതിരിക്കട്ടെ അപ്പൊ ഇവനറിയാം ഇവന്റെ ഉള്ളിന്റെ ഉള്ളിലറിയാം താൻ ശരിയല്ല അതുകൊണ്ടല്ലേ അങ്ങനൂടെ പ്രാർത്ഥിക്കുന്നു താൻ ശരിയാണെങ്കിൽ പിന്നെ പറയണം ഞാൻ ഗുരുവിനെ നിന്ദിക്കാതിരിക്കട്ടെ എന്ന് ഗുരുവൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ അർത്ഥം ഇവൻ ഗുരുവിനെ നിന്ദിക്കുന്നുണ്ട് ഇത്രയും വലിയ ഭക്തൻ ഗുരുവിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഭക്തൻ എങ്ങനെ ഗുരുവിനെ നിന്ദിക്കും അതെങ്ങനെയോ സംഭവിക്കുന്നുണ്ട് ആരുടെയും കുറ്റമല്ല മനഃപൂർവ്വം ചെയ്യുന്ന ആയിരിക്കത്തില്ല അവിവേകം കൊണ്ടത് സംഭവിക്കുന്ന അറിവില്ലായ്മ കൊണ്ടത് സംഭവിക്കുന്നതാണ് നമുക്കാരെയെങ്കിലും കുറ്റപ്പെടുത്താനോ ആർക്കെങ്ങനെ ശിക്ഷ വിധിക്കാനോന്നും ആർക്കും അവകാശമില്ല ഇവിടെ ആ വസ്തുതയെ പറയുകയാണ് ആ വസ്തുതയെ അവൻ സ്വയം സമ്മതിക്കുകയാണ് അത്രയും സമ്മതിക്കുന്നതിനുള്ള ഒരു വിവേകം അവനുണ്ട് അത്രയും വിവേകം എന്താണോ ഞാൻ ഇനി എന്നാണ് എന്റെ അർത്ഥം ഇതുവരെ അത് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ ഗുരുവിനെ നിരാകരിക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കും ആ ശുദ്ധി നേരത്തെ പറഞ്ഞല്ലോ ആത്മശുദ്ധിക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ആത്മശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇതിലൂടെ ആ ശുദ്ധി സാധ്യമാകും ആ ശുദ്ധി സാധ്യമാകണമെങ്കിൽ ആ ശുദ്ധിക്ക് ഇനിയും തടസ്സമായിരിക്കുന്നതൊന്നാണ് ഈ ഗുരു നിരാകരണം അതാണ് സ്വന്തം മനസ്സിനെ അശുദ്ധമാക്കണം നമ്മളറിയാതെ നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കണം അപ്പത് ഒഴിവാക്കിട്ടണം അതിനുവേണ്ടി പറയുന്നു എന്താണ് ഞാൻ ഗുരുവിനെ നിരാകരിക്കാതിരിക്കട്ടെ അപ്പൊ ഈ രണ്ട് ഭാഗത്തു നിന്ന് സംഭവിക്കും ഒരാൾ പറയുകയാണ് അല്ലെങ്കിൽ അവകാശപ്പെടുകയാണ് എന്താണ് ഞാൻ ഭക്തനാണ് ഞാൻ ഗുരുവിൻ ശ്രദ്ധയുള്ളവനാണ് അല്ലെങ്കിൽ സ്വയം അങ്ങനെ വിശ്വസിക്കുന്നു സ്വയം അങ്ങനെ കരുതുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരുവിനില് ഒരു നിരാകരണം സംഭവിക്കുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല അവന്റെ ശ്രദ്ധയിൽ വിശ്വാസത്തിൽ അവന്റെ ഉണർവിൽ എവിടെയെങ്കിലും ഒരു ഇരൾ ബാധിച്ചു കഴിഞ്ഞാൽ അവനറിയാതെ അത് ഗുരുവിന്റെ നിരാകരണമായി മാറി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് വരും പക്ഷെ അത് സംഭവിക്കും അത് സംഭവിക്കാതിരിക്കും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം തന്നെ വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സ്വയം അതിന് കഴിവില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുകയല്ലാതെ വരെ വഴി ആ കഴിവുണ്ടാകണമെങ്കിലും പ്രാർത്ഥന കൊണ്ടേ പറ്റൂ ഇത് രണ്ടു സ്ഥലത്തു നിന്ന് സംഭവിക്കും ഒന്ന് ഗുരു തന്നെ കൈവിടാതിരിക്കും മറ്റൊന്ന് താൻ ഗുരുവിനെ കൈവിടാതിരിക്കും ചുരുക്കി പറഞ്ഞു ഇക്കാര്യം നമ്മുടെ ഈ ചർച്ചകൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാ പറഞ്ഞു എന്താണ് മാഹം ബ്രഹ്മ നിരാകുരിയാം മാം അവിടെ പറഞ്ഞ വേദഭാഷന്താണ് ഗുരു ശിഷ്യ പാരസ്പയെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോ ഭക്തന്മാരെല്ലാം നെറ്റി ചൊളിച്ചു എന്താ അങ്ങനെ പറയുന്നു ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസിലാവും കാരണം അങ്ങനെ ഒരു ലേബല് നമുക്കുണ്ട് ഭക്തന്മാര് അതുകൊണ്ട് ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഗുരു ശിഷ്യ പാരസ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം ഒരു പുതിയ വാക്കാണല്ലോ എന്ന് പറഞ്ഞ് പലരും നെറ്റി ചൊളിച്ച് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു എന്റെ താൽപര്യമാണ് ഇവിടെ പറയുന്നത് ഈ ശാന്തി മന്ത്രം രണ്ട് ഭാഗത്തു നിന്ന് സംഭവിക്കും താൻ ഗുരുഭക്തനായ മാത്രം പോരാ ഗുരു നമ്മുടെ ഭക്തനും ആവണം എന്നാലേ ശരിയാവും ഗുരുവിനെ നിരാകരിച്ചാൽ തന്നെ ഭക്തനാകത്തില്ല അതിനാണ് പാരസ്പര്യം എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തു നിന്നും സംഭവിക്കും ഞാൻ ഭക്തനാണ് അയോഗ്യനാണ് ശ്രദ്ധയുള്ളവനാണ് വിശ്വാസമുള്ളവനാണ് അധികാരിയാണ് ശുദ്ധനാണ് എന്നൊക്കെ സ്വയം കരുതിയാ പോര അത് കരുതിയത് കൊണ്ടായി മറിച്ച് ഗുരുവിന്റെ ഭാഗത്തു നിന്നും താൻ ഭക്തനാണെന്ന് ഗുരുവാണ് പറയേണ്ടത് ഗുരുവിനാണത് ബോധ്യപ്പെടേണ്ടത് അല്ലാതെ അത് താൻ തന്നെ തീരുമാനിച്ചിരുന്ന പോലെ ഉത്തമ ഭക്തനാണ് യോഗ്യനാണ് അധികാരിയാണ് ഇത്ര വർഷത്തെ സീനിയോറിറ്റിയുണ്ട് പിന്നെന്താ ഇതൊന്നും ആകാൻ വയ്യാത്തത് സ്വയം തീരുമാനിച്ചപ്പോ അപ്പൊ ചെലവറി എന്നാ പിന്നെ ഇതുവരെ ഗുരു പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഭക്തനല്ല ഞാനൊരു ഭക്തനാണെന്നുള്ള നിലയ്ക്കാണ് ഗുരുവിന്റെ പെരുമാറ്റം ഞാനൊരു ഭക്തനായിട്ട് അംഗീകരിച്ചതുപോലെയാണ് ഗുരു ഇടപെടുന്നത് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഇവിടെ പറയുന്ന ആ നിരാകരണം അത് രണ്ടു ഭാഗത്ത് സംഭവിക്കുന്നു അത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം മറ്റൊന്നും ഇതിലൂടെ ഒന്നും നേടാനില്ല ഉപനിഷത്ത് പഠിക്കുന്നുണ്ട് ഗീത പഠിക്കുന്നോണ്ടോ ഒന്നും വേറൊന്നും നേടാനില്ല സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ കർമ്മം ചെയ്യുന്നുണ്ടോ ഒന്നും നേടാനില്ല ഇവിടെ പറയുന്ന കാര്യം ഈ അനിരാകര സംഭവിക്കണം ഗുരുവിന്റെ പക്ഷത്തു നിന്നും അത് സംഭവിക്കണം അത് സംഭവിക്കണമെന്ന് നമ്മൾ ഗുരുവിനെ ഉപദേശിക്കില്ല ഗുരുവിൽ അത് സംഭവിക്കും ശിഷ്യന്റെ യോഗ്യതക്കനുസരിച്ച് പക്ഷെ ശിഷ്യൻ ഇവിടെ ഉപദേശിക്കുക ഉപദേശിക്കുകയാണ് ശ്രുതി ശിഷ്യനിൽ ആ നിരാകരണം സംഭവിക്കണം ശിഷ്യൻ ഗുരുവിന്റെ ആ ഗുരുത്വത്തെ ഉൾക്കൊള്ളണം നമ്മളൊരുപക്ഷെ ഗുരുവിനെ സ്വീകരിച്ചെന്നിരിക്കും പക്ഷെ ഗുരുവിന്റെ ആ ഗുരുത്വത്തെ നമ്മൾ സ്വീകരിച്ചില്ലെന്നില്ല രണ്ടും മി വ്യത്യാസം ഗുരുവിന്റെ ആ ഗൗരവത്തെ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കും അതാണ് അതിനെ സ്വീകരിക്കാതിരിക്കുക എന്ന് പറയും വേറെ തരത്തിൽ പറഞ്ഞാൽ ഗുരുവിനെ നമ്മൾ ബാഹ്യമായി സ്വീകരിച്ചിരിക്കും പക്ഷെ ഗുരുവിനെ നമുക്ക് നമ്മുടെ യോഗ്യതയ്ക്കും കഴിവിനും അനുസരിച്ചെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ അത് കഴിയാതിരിക്കുന്നിടത്തോളം കാലം നിരാകരണം അത് സംഭവിച്ചുകൊണ്ടിരിക്കുക ഗുരുവനമ്മൾ നിരാകരിച്ചോണ്ടിരിക്കുക ഗുരു നമ്മളോട് അടുക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഗുരുവിനെ അകറ്റിക്കൊണ്ടിരിക്കുക ഗുരു എന്തിനാടുക്കാൻ ശ്രമിക്കുന്നത് ഗുരു ആഗ്രഹിക്കുന്നു ഇവനെ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അതിന് ഗുരുവിന് പദ്ധതികളും പ്ലാനും ഉണ്ട് ഗുരുവിന്റെ കയ്യിൽ പല ഉപായങ്ങളുമുണ്ട് അതെല്ലാം ഗുരു പ്രയോഗിക്കും അതെല്ലാം പ്രയോഗിച്ച് ഇവനേതാണ് യോഗ്യമായത് ഇവനേതാണ് സ്വീകാര്യമായിരിക്കുന്നത് ഇവനേതാണ് ഉചിതമായിരിക്കുന്നത് എന്തെല്ലാം ഗുരു ചിന്തിച്ച് ഗുരു പ്രവർത്തിക്കുന്നു അവൻ ആ വഴിക്ക് നടക്കാൻ തയ്യാറാകുന്നില്ല ഗുരു അവനെ നയിക്കുന്ന വഴിക്കെല്ലാം അവൻ സഞ്ചരിക്കാൻ തയ്യാറാകുന്ന മറിച്ച് താൻ ഇഷ്ടപ്പെടുന്ന വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് നിരാകരണമെന്ന് പറയുന്നത് താൻ ഒരാളെ ഗുരുവായി സ്വീകരിക്കുകയും ആ ഗുരുവിന്റെ സങ്കല്പത്തിന് വിരുദ്ധമായ തന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുവിന്റെ നിരാകരണമാണ് മനസ്സിലാകാമെന്നുള്ള ഭാഷയിൽ പറയണം ഗുരുവിന്റെ സങ്കല്പം എങ്ങനെ മനസ്സിലാക്കും ഗുരുവനെ നിർദ്ദേശിക്കുന്നു നീ ഇന്ന വഴിക്ക് നടക്കുക നീ ചെയ്യേണ്ടത് ഇതാണ് നീ പറയേണ്ടത് ഇതാണ് നീ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഗുരുവനെ നിർദ്ദേശിക്കുന്നു അവനെല്ലാം കേൾക്കുന്നു എല്ലാം തലഗുലിക്ക് സമ്മതിക്കുന്നു എനിക്കെല്ലാം ബോധ്യപ്പെട്ടു എന്ന് അംഗീകരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്വയം സങ്കല്പിക്കുന്നു സ്വയം ചിന്തിക്കുന്നു സ്വയം ഇഷ്ടാനിഷ്ടങ്ങളെ തീരുമാനിക്കും എന്നിട്ട് തനിക്ക് സൗകര്യപ്രദമായ വഴി സഞ്ചരിക്കുന്നു ഇതാണ് ഗുരുവിന്റെ നിരാകരണമെന്ന് പറയുന്നത് ഇത് നമ്മൾ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ പലപ്പോഴും കരുതാറുണ്ട് ഗുരു അങ്ങനെ നിർദ്ദേശിച്ചെങ്കിലും ഗുരു അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് തൽക്കാലം പറ്റിയ ഇതാണ് എനിക്ക് ശ്രേയസ്കരമെന്ന് തോന്നുന്നത് ഇതാണ് ഞാൻ ഈ വഴിക്ക് സഞ്ചരിക്കും എന്ന് കരുതാത്ത ആരും കാണത്തില്ല കരുത അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നൊരു സമാധാനവും കണ്ടെത്തും ഗുരു എന്നോടങ്ങനെ പറഞ്ഞെങ്കിലും ഗുരു ഉദ്ദേശിച്ചതായിരിക്കില്ല ഇങ്ങോട്ട് വരൂ എന്ന് ഗുരു പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അങ്ങോട്ട് പോകൂ എന്നാണ് അങ്ങനെ വ്യാഖ്യാനിക്കൂ ഈവൻ ഗുരുവിന്റെ ഗുരു പറയുന്നതിന്റെ വാക്യാളത്തും ലക്ഷ്യാഴത്തും അതിന്റെ അപ്പുറത്തുള്ള അർത്ഥമാണ് വിഗ്രഹിക്കുന്നത് വിട്ടിട്ട് ഗുരു പറയുന്ന എന്താണെന്ന താല്പര്യം മനസ്സിലാക്കിയാൽ അവൻ പറയുന്ന എന്താണ് ഗുരുവിന്റെ ഉദ്ദേശം അതായിരുന്നില്ല അതെന്തായിരുന്നു എന്റെ ഉദ്ദേശമായിരുന്നു ഞാനെന്താണോ ഉദ്ദേശിച്ചതാണ് ഗുരു ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഗുരു ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ പറയേണ്ട കാര്യമുണ്ടോ നിനക്ക് നിന്റെ ഉദ്ദേശം അനുസരിച്ച് ജീവിച്ചപ്പോലെ എന്തിനു നീ ഗുരുവിന്റെ സന്നിധി വരണം എന് ഗുരുവിന്റെ ഉപദേശത്തിന് ചെവി കൊടുക്കണം അതിന്റേത് ആവശ്യം എന്തോ അവിടെയാണ് സഹതപിക്കേണ്ട കാര്യം കാരണം വാസ്തവത്തിൽ ഗുരുവന് അവന്റെ മനസ്സെന്താണ് അവന്റെ താത്പര്യങ്ങൾ എന്താണ് അവന്റെ വികാര വിചാരങ്ങൾ എന്താണ് അവന്റെ വാക്കെന്താണ് അവന്റെ പ്രവൃത്തി എന്താണെന്ന് പോലും അവന് തിരിച്ചറിയാമല്ലോ അതുപോലും വേണ്ട സമയം വേണ്ട രീതിയിൽ തിരിച്ചറിയാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ അവന് ശേഷിയില്ല അവനാണ് ഗുരുവിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നത് ഗുരുവിന്റെ വാക്കുകളുടെ അന്തരാർത്ഥത്തെ വ്യാഖ്യാനിക്കുന്നവനാണ് ഇവൻ പ്രയോഗിക്കുന്ന വാക്കുകളുടെ വാച്യാർത്ഥം പോലും അറിയാത്തവൻ ഗുരുവിന്റെ വാക്കുകളെയൊക്കെ വ്യാഖ്യാനിക്കും അവന്റെ അന്തരാർത്ഥത്തെ കണ്ടെത്തും അതന്നെന്തായിരിക്കും അവന്റെ താല്പര്യങ്ങളായിരിക്കും അവന്റെ മായ വികാര വിചാരങ്ങളുടെ പ്രതിഫലനമാണ് അവൻ ഗുരുവിൽ ആരോപിച്ചിട്ട് ഗുരുവിന്റെ വാക്കുകള് അതിവ്യാഖ്യാനം നടത്തും അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം നടത്തും എന്നിട്ട് അവന്റെ താല്പര്യത്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കും അപ്പൊ വേണ്ടി ഗുരു എന്തൊക്കെയാണോ സജ്ജമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണോ ഒരുക്കിയിരിക്കുന്നത് അതിനെയെല്ലാം അവൻ നിഷേധിക്കും നിരാകരിക്കും അതിനാണ് ഇവിടെ നിരാകരണം എന്ന് പറയുന്നത് ആ നിരാകരണം എന്നിൽ സംഭവിക്കരുത് എന്ന് പറയുന്നതാണ് ഗുരുവിന്റെ വാക്കുകൾക്ക് അതിവ്യാഖ്യാനം നൽകരുത് ദുർവ്യാഖ്യാനം എന്ന് ഞാൻ പറയുന്നില്ല അതിവ്യാഖ്യാനം അത് കൊടുക്കരുത് അങ്ങനെ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച് ഗുരുവിനെ നിരാകരിക്കരുത് അതെന്നിൽ സംഭവിക്കരുത് അത് ശുദ്ധിപ്പുറവുകൊണ്ടാണ് സംഭവിക്കുന്നത് മനോമാലിന്യമാണ് അതിന് കാരണമായി തീരുന്നത് അതാണ് പറയുന്നത് മാ ബ്രഹ്മ യ്ക്കും ഇവിടെ ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത് മനസ്സിലാക്കാനാണെങ്കിൽ നിന്റെ വ്യാഖ്യാനം വായിച്ചാൽ ഇവിടെ വന്നിരിക്കേണ്ട കാര്യം ഇതിന്റെ താല്പര്യം എന്തെന്നാണ് പറയുന്നത് അതി ഉപനിഷത്ത് ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഈ വനിഷത്തിന്റെ അതിന്റെ വാസ്തവത്തിലുള്ള താൽപ്പര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം നമ്മുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി അതിന് മനസ്സിലാക്കണം കുറെ തത്വം കാണാതെ പിടിച്ചു വെച്ചുകൊണ്ടോ പ്രസംഗിക്കുന്നതിനുള്ള വൈദഗ്ധ്യം നേടിയുണ്ടോന്നും കാര്യമില്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റും ആ വഴിക്കാണ് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടത് ആ തരത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഈ തത്വത്തിന്റെ ഭാരവും കൊണ്ട് കടന്നിട്ട് കാര്യം അതൊന്നും സഹായിക്കത്തില്ല ഉപകാരപ്പെടുത്തുന്നുണ്ട് ഇവിടെ അതിനുവേണ്ടിയല്ല ഇത് പ്രാർത്ഥന എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ശുദ്ധിക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതിനു വേണ്ടി പറഞ്ഞ ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തി അവനവനും നിറത്തി ചിന്തിക്കുമ്പോൾ അതവൻ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ പറയുന്നത് വിശദീകരിക്കുന്നത് അതിങ്ങനെ മനസ്സിലാക്കേണ്ടത് തനൊരിക്കലും നിരാകരിക്കരുത് ഗുരുവിന്റെ സങ്കല്പങ്ങൾ നിരാകരിക്കരുത് ഗുരു തനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന സങ്കല്പങ്ങളെ മാറ്റിമറിക്കരുത് താൻ ആ വഴിക്ക് തന്നെ സഞ്ചരിക്കേണ്ടവനാണ് താൻ ആ വഴിക്ക് തന്നെ സഞ്ചരിക്കാൻ കടമപ്പെട്ടവനാണ് വിശേഷിച്ചും ഗുരു സന്നിധിയിൽ ആ നിരാകരണം സംഭവിക്കരുത് ബോധപൂർവമോ അബോധപൂർവമോ രണ്ടു തരത്തിലും സംഭവിക്കും സ്വാഭാവികമായും ബോധപൂർവം ആരും നിരാകരിക്കാറില്ല പക്ഷെ തെറ്റിനെ ശരിയാണെന്ന് കരുതി നിരാകരിക്കും അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് അതിനുവേണ്ടി ഒരിക്കലൂടെ പ്രാർത്ഥിക്കുകയാണ് ആ നിരാകരണം അസ്തു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വളരെ സൂക്ഷ്മമായൊരു വിഷയമാണ് ഈശ്വരൻ എന്നെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് തവണ ഒരു തവണയാണ് നമ്മൾ സാധന പ്രധാനപ്പെട്ട കാര്യങ്ങളെ മൂന്നോണ് ആവർത്തിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി അതീ പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിനങ്ങോട്ട് തറച്ച് കയറുന്നതിന് വേണ്ടി പറയാണ് ആ നിരാകരണം അസ്തു വീണ്ടും പറയാണ് അതേ സദാ സംഭവിക്കട്ടെ ഗുരുവിനെ സംബന്ധിക്കുന്ന നിരാകരണങ്ങളൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞാൽ താൻ ആ ഗുരുവിന്റെ സങ്കല്പമനുസരിച്ച് ഈ ആത്മീയ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കട്ടെ ഒരിക്കലും തന്റെ ഭാഗത്ത് നിന്ന് അതിലൊരു നിഷേധം ഒരു നിന്ദ അത് സംഭവിക്കാതിരിക്കട്ടെ അറിഞ്ഞോ അറിയാതെ സംഭവിക്കാതിരിക്കട്ടെ അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞു പാരസ്പര്യം തന്റെ ഭാഗത്തുനിന്ന് വരേണ്ട വലിയൊരു കാര്യമുണ്ട് ഗുരുവിന്റെ ഭാഗത്തുനിന്ന് വരേണ്ട മറ്റൊരു പ്രധാന വിഷയമുണ്ട് ഗുരുവിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതെല്ലാം ഇതിനെ സംഭവിച്ചു കഴിഞ്ഞു തന്നെ സംബന്ധിച്ച് ഗുരുവിന്റെ സങ്കല്പങ്ങളെല്ലാം നിലനിൽക്കുകയാണ് അതിനുവേണ്ടി ഗുരുവേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് അഹേതുക ദയാസംഭു എന്നെന്റെ ഗുരുവിനെ കുറിച്ച് പറയുന്നുവ ദയാസിന്ധുവായിരിക്കുന്ന ഗുരു തന്നെ ആശ്രയിക്കുന്നവനെ സംബന്ധിച്ച് അവന്റെ പരമമായ കല്യാണം ഉൾപ്പെടെ സർവതമ സങ്കല്പിച്ചു കഴിഞ്ഞു ഐഹികവും പാരത്രികവുമായ വേണ്ടിയുള്ള സങ്കല്പങ്ങൾ അവിടെ സംഭവിച്ചു താൻ അതിനെ തടയുകയാണ് നിഷേധിക്കുകയാണ് താൻ അതിൽ നിന്ന് ഇതെല്ലാം കൊണ്ടകന്നു പോവുകയാണ് അത് സംഭവിക്കാതിരിക്കണം അത് സംഭവിക്കാതിരിക്കണം അത് സംഭവിക്കാതിരിക്കണമെന്നിവിടെ മൂന്നവണ പറയുക കുറച്ചൊക്കെ വിവേകമുള്ള ഒരു ശിഷ്യൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മേ അസ്തു എന്നും അതങ്ങനെ സംഭവിക്കട്ടെ എന്നാണോ തന്റെ ഈ ജീവിതം ഈ ജന്മം സാർത്ഥകമായിത്തീരുന്നത് ദീർഘകാലത്തേക്കായാലും കുഴപ്പമില്ല അതുവരെ അതാണ് അസ്തു സദാകാലത്തേക്കും അത് സംഭവിക്കട്ടെ ഒരിക്കലും തന്റെ ഭാഗത്തു നിന്ന് ഒരു വ്യതിചലനം സംഭവിക്കാതിരിക്കട്ടെ ഇത് ആയിരം തവണ ആവർത്തിച്ചാലും മതിയാകാത്ത കാര്യമാണ് കാരണം ഇത് മനസ്സിൽ പതിയേണ്ട ഒരു കാര്യമാണ് നിരന്തരം ഇതിലൂടെ മുന്നോട്ട് പോയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ചു പറയുന്നത് ആവർത്തിക്കുന്നു എന്നുള്ള ബോധമില്ലാതെയല്ല ഇനി എവിടെയെങ്കിലും പതിയാതെ കിടക്കുന്നുണ്ടെങ്കിലും വീണ്ടും പതിയട്ടെ അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രുതി തന്നെ ആവർത്തിച്ചത് മൂന്നു തവണ എന്നും ഇത് ആവർത്തിക്കേണ്ട കാര്യമാണ് ഗുരുവിന്റെ നിരാകരണം തന്നെ സംഭവിക്കാതിരിക്കട്ടെ ഗുരുവിന്റെ ഇച്ഛ ഗുരുവിന്റെ സങ്കല്പം അത് തന്നിൽ സംഭവിക്കട്ടെ ആ സങ്കല്പത്തിനും ഇച്ഛയ്ക്കും അനുസരിച്ച് എന്റെ നൂ പറഞ്ഞെന്താണ് വാക് പ്രാണു ശ്രോത്രം അങ്കാനി ബലം സർവാണി ഇന്ദ്രിയാണ് ഇതെല്ലാം അതിനനുസരിച്ച് പോകട്ടെ അതിന് താനായിട്ട് എതിര് നിൽക്കരുത് അതിനെതിരായ ഒരു സങ്കല്പം പോലും തന്റെ മനസ്സിൽ അങ്ങനെ വരാൻ വേണ്ടി താനായിട്ടൊരു അതിവ്യാഖ്യാനവും നടത്തരുത് ഇതിങ്ങനെ നിരന്തരം സ്മരിച്ചുകൊണ്ടേ പോവുക അങ്ങനെ പോയാലോ തഥാ ആത്മനിരതേ ആത്മനി നിരതേ മയി ഇങ്ങനെ ഈ സങ്കല്പത്തോടുകൂടി ആ നിരാകരണം എന്നുള്ള സങ്കല്പത്തോടുകൂടി ഇതിൽ നിരതനായിരിക്കുന്ന എന് എന്നാണ് ഞാൻ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുകയാണ് ആത്മജിജ്ഞാസുവാണ് ഈശ്വര സാക്ഷാത്കാരത്തെ ആഗ്രഹിക്കുന്നു അതൊക്കെ സൂചിപ്പിക്കാനാണ് പറയുന്നത് ആത്മനി നിരത ആത്മമോക്ഷത്തിനുവേണ്ടി പരിശ്രമിക്കുന്നു നിത്യാനിത്യവിവേകം അത് നേടാൻ ശ്രമിക്കുന്നു ഗുരുപ്രാപ്തിൽ ഉണ്ടായി ആ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ആത്മാവിൽ നിരതനായിരിക്കുന്നവൻ എങ്ങനെ നിരതനായിരിക്കുന്നു ആ നിരാകരണത്തോടുകൂടി ആ നിരാകരണം വസ്തു ആ നിരാകരണത്തോടുകൂടി ആത്മാവിൽ നിരതനായിരിക്കുന്നവൻ എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത് അല്ല വെറുതെ ആത്മാവിൽ നിരാധന നിരതനായിരിക്കുക നമ്മൾ ആത്മാവിൽ നിരതനായിരിക്കുന്നു നമുക്ക് അവകാശപ്പെടാം നമ്മുടെ സീനിയാറിറ്റി വെച്ച് എനിക്ക് നിങ്ങളെക്കാൾ സീനിയോറിറ്റി ഉണ്ട് എന്നെക്കാളും സീനിയർ ഇവിടെ കാണും ഇല്ലാന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി എന്തായാലും ഞാൻ കുറെ ഒക്കെ സീനിയറാണ് ആ സീനിയോറിറ്റി ഉണ്ട് കാര്യം അതാണ് പറയുന്ന ആത്മനി നിരത ഞാൻ ആത്മാവിൽ നിരതനായിരിക്കുന്നു ജീവിതത്തിൽ എനിക്ക് വേറെ താത്പര്യങ്ങളൊന്നും വേറെ ലക്ഷ്യങ്ങളൊന്നും വേറെ ഒന്നും നേടാനില്ല ആത്മലാഭമല്ല അങ്ങനെ നിരതനായിരുന്നാലും ഈ അനിരാകരണം എന്നിൽ സംഭവിച്ചില്ലെങ്കിൽ പിന്നെന്താ കാര്യം അനിരാകരണം എന്നിൽ സംഭവിക്കുകയാണെങ്കിൽ പറയുന്നു ഉപനിഷസ് ധർമ്മ അങ്ങനെയാണെങ്കിൽ മാത്രം ഗുരു എന്നെ കൈവിടാതിരിക്കുകയും ഞാൻ ഗുരുവിനെ നിരാകരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പറയുന്നു ഇനി ഞാൻ ശ്രവിക്കാൻ പോകുന്ന ഈ ഉപനിഷത്ത് ഈ ഉപനിഷത്തിൽ വെളിപ്പെടുന്ന ഈ ധർമ്മം ധർമ്മങ്ങളെല്ലാം അതെന്നെ പ്രകാശിക്കട്ടെ അതെന്നിൽ പ്രകാശിക്കട്ടെ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് പ്രകാശിച്ചാൽ മതി അനർഹമായത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആദ്യം അതിനർഹത നേടും അതാണിവിടെ പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നു ഞാനതിനർഹനാണെങ്കിൽ ഞാൻ ആത്മാവിൽ ആ നിരാകരണത്തോടുകൂടി നിരതനായിരിക്കുകയാണെങ്കിൽ ഈ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്നെ പ്രകാശിക്കട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു അപ്പൊ മറ്റൊരു കാര്യം ഓർക്കണം ഞാൻ ഈശം പഠിച്ചു കേനം പഠിച്ചു കഠം പഠിച്ചു മാണ്ഡൂക്യം പഠിച്ചു മറ്റേത് പഠിച്ചു മറിച്ചത് പഠിച്ചു ഇനിയും പഠിക്കും അപ്പൊ ഞാൻ ആത്മനിരതനാണ് കുറച്ചു വർഷങ്ങളായി എന്റെ മുഖ്യ തൊഴിലിതാണ് ആത്മനിരതനാണ് അതുകൊണ്ട് എന്താണോ ഇതെല്ലാം എന്നിൽ പ്രകാശിക്കണമെന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ടിതെല്ലാം എന്നിൽ സംഭവിച്ചോളണമെന്നുമില്ല അതുകൊണ്ടാണ് തൊട്ടുനിന്ന് പറഞ്ഞെന്താണോ ഗുരു എന്നെ കൈവിടാതിരിക്കുകയും ഞാൻ ഗുരുവിനെ നിരാകരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം പ്രകാശിക്കട്ടെ എന്നാണ് ഇത് പ്രകാശിക്കുന്നില്ലെങ്കിൽ എന്താ എന്റെ താൽപര്യം ഇതിനെന്തൊക്കെ പോരായ്മകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ നിരാകരണം നമ്മളിൽ സംഭവിക്കുന്നില്ല ഗുരുവിന്റെ സങ്കല്പത്തെ ഗുരുവിന്റെ ഇച്ഛയെ നമ്മൾ തിരിച്ചറിയുന്നില്ല എവിടെയാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത് അതിന്റെ പൂർത്തീകരണത്തിൽ ഇവിടെ പറയുന്ന എന്താണ് മൈസന്തു എന്നത് പ്രകാശിക്കട്ടെ എന്ന് പറയുന്ന അക്കാര്യം സംഭവിക്കും തേ മൈസന്തു അതെല്ലാം എന്നെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോ എന്താണ് വൈരാഗ്യവും വിവേകവും വിജ്ഞാനവും എല്ലാം സംഭവിക്കട്ടെ എന്നാണ് ശ്രുതിയിൽ അതെല്ലാമാണെന്നോ പറയുന്നത് സ്വയം തന്നെ പഴിക്കേണ്ടി വരക്കല്ല ഞാൻ ഗീത പഠിക്കുന്നു മന്ത്രം ജപിക്കുന്നു സേവനം ചെയ്യുന്നു എന്നിട്ടും ഉള്ളിന്റെ ഉള്ളിൽ തന്നെ പഴിക്കേണ്ടി വരത്തില്ല എന്തുകൊണ്ട് നന്നാവുന്നില്ല എന്തുകൊണ്ട് ശരിയാകുന്നില്ല എവിടെയാ തകരാറ് പുറമേ മാന്യനാണ് കുഴപ്പമൊന്നുമില്ല കാഴ്ചക്കാർക്കൊക്കെ സ്വാമിയാണ് സ്കൂളിൽ ആ സ്വാമിയാണ് എന്തുകൊണ്ടാ സംഭവിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ആ നിരാകരണം എന്നും സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്നെ സംഭവിച്ചോട്ടെ ഇത്രയേ ഉള്ളൂ ഞാൻ അർഹിക്കുന്നതെ ഇവിടെ പ്രാർത്ഥിക്കുന്നുള്ളു അത് സംഭവിക്കണം അതിനു വേണ്ടി ആ പരബ്രഹ്മത്തിന്റെ അനുഗ്രഹം നിർഗുണവും നിരാകാരനുമായിരിക്കുന്ന ആ പരബ്രഹ്മത്തിന്റെ അനുഗ്രഹത്തെ അർഹിക്കുകയാണ് അത് ഈശ്വര രൂപത്തിൽ ഗുരുരൂപത്തിൽ അതാണ് ഗ്രഹിക്കട്ടെ എന്നാ സർവവും അതായിരിക്കുക അതാണ് സർവം ഔപനിഷം ബ്രഹ്മം ഇതെല്ലാം അതായിരിക്കട്ട സർവടത്ത് നിന്നും അനുഗ്രഹം സംഭവിക്കണം എന്നാ അതാണ് ഈ ശാന്തി മന്ദിരത്തിന്റെ താല്പര്യം ു മമാങ്കാണുശ്രോത്രം അധോബലിന്ദ്രി സർവാണി ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുറിയ ണം ആ നിരാകരണം അവിടെ സന്ധി വന്നിരിക്കുകയാണ് നിരാകരണം വസ്തുഅനിരാകരണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനിരാകരണം അസ്തു പിന്നെ നിരാകരണം വസ്തു രണ്ടും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ കേട്ടിടത്തോളം ഇവിടെ എല്ലാരും പ്രാർത്ഥിക്കുന്നത് ഇത് രണ്ടും പ്രാർത്ഥിക്കുകയാണ് ആദ്യം അനിരാകരണം പിന്നെ നിരാകരണം അതായിരിക്കും ഒരു പക്ഷേ തകരാറ് അനിരാകരണം മേ അസ്തു അവിടെ നിരാകരണം അസ്തു നിരാകരണം മൂന്ന് വാ വന്നിരിക്കുകയാണ് പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ആകാരം കൂടെ വരും സൈലന്റ് ആയിട്ട് കാരണം അനിരാകരണം തഥാത്മനിരതേയ ഉപനിഷസ്തു ധർമാ അടുത്ത് വരുന്ന ഉപനിഷത്തിലേക്കാണ് ഈ ഉപനിഷത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് രണ്ടു തരത്തിലുള്ള ഭാഷ ഒന്ന് പദഭാഷയും മറ്റൊന്ന് വാക്യഭാഷ്യം പദഭാഷ്യത്തിൽ ഉപനിഷ് മന്ത്രങ്ങളെ പദങ്ങളെ എടുത്ത് വ്യാഖ്യാനിക്കുന്നു ബാക്കി ഭാഷയത്തിൽ അങ്ങനെയല്ല ശാരീരിക മീമാംസയിൽ ബ്രഹ്മസൂത്രം അതിൽ വരുന്ന യുക്തികൾ ആ യുക്തികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിന് വിശദീകരിക്കുകയാണ് നമ്മളിപ്പോ പദ ഭാഷ്യമാണ് ഉപനിഷത്ത് മനസ്സിലാക്കുന്നതിന് അത് മതി അത് മതിയാകും പദാഷ്യം ഒരാൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സ്വയം തന്നെ വാക്യഭാഷ്യം വായിച്ച് മനസ്സിലാക്കാം രണ്ടിനും പറയുന്ന ഒരേ കാര്യം തന്നെയാണ് ആത്മതത്വത്തിൽ തന്നെയാണ് പറയുന്നത് വ്യക്തിപ്രധാനമായും മറ്റു കൂടുതൽ വിശദീകരിക്കുന്നു എന്നാണ് ഉപനിഷത്തിന്റെ താല്പര്യം പദഭാഷ്യത്തിനും മനസ്സിലാക്കും രണ്ടിനും വ്യാഖ്യാനം എഴുതിയ ആനന്ദഗിരി പറയുന്നത് രണ്ടും ഭാഷകാരൻ എഴുതിയെന്നാണ് ചില ഗവേഷകന്മാർ പറയുന്നത് പദ ഭാഷയും ഭാഷ്യകാരൻ എഴുതിയതും മറ്റത് വേറെ ആരും എഴുതിയതാണെന്നാണ് എന്റെ വാസ്തവം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഗവേഷണം നടത്തിയിട്ടുമില്ല എന്തായാലും രണ്ടും വളരെ ഗംഭീരമാണ് അദ്വൈതത്വത്തെ ശരിയായ രീതിയിൽ രണ്ടിലും വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോ പദ ഭാഷ്യം നമ്മളിവിടെ ചർച്ച ചെയ്യും ബാക്കി ഭാഷയും താല്പര്യമുള്ളവരും വേറെ എവിടെയെങ്കിലും പോയി പഠിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റും ഒന്ന് ഞാൻ കൈകാര്യം ചെയ്യാം രണ്ടാമത്തെ വിട്ടിരിക്കുകയാണ് ഖേന എന്നാണ് തുടങ്ങുന്നത് ഞാൻ പറയുന്നത് ഇത് സാമവേദ അന്തർഗതമാണ് വേറെ വിഷത്തുകളുണ്ട് ഭാഷാകാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഖേന എന്ന് തുടങ്ങുന്നത് അതിന് കേന ഉപനിഷത്ത് എന്നാണ് കേനോപനിഷത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം കേന എന്ന ശബ്ദത്തിൽ ആരംഭിക്കുന്ന ഉപനിഷത് ഭാഗം എന്നാണ് എന്റെ താല്പര്യം അതേ ഉള്ളത് അല്ലാതെ അതിന് വേറെ അർത്ഥവും കണ്ടെത്തിയിട്ടില്ല വേറെ അടച്ചു വേണമെങ്കിൽ പറയാം നിനക്ക് ക്ഷമയുണ്ടെങ്കിൽ പക്ഷെ അതിന് അതിവ്യാഖ്യാനം വ്യാഖ്യാനാഭ്യാസം നടത്തിയ വേറെ അർത്ഥങ്ങളും പറയാം തൽക്കാലം അതിന്റെ ആവശ്യമില്ല ഇത്രയുള്ളതിന്റെ താല്പര്യം എന്താണോ കേന എന്നുള്ള ശബ്ദത്തിൽ നിന്നും തുടങ്ങുന്നതുകൊണ്ട് ഈ ഉപനിഷത്തിന് കേന ഉപനിഷത്തെന്ന് പേരു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എന്റെ ആദ്യത്തെ രണ്ടു കാണ്ടങ്ങളെയും പറയുന്ന ശുദ്ധ ബ്രഹ്മവിദ്യാകാന്ഡം അതായത് നമ്മൾ മാണ്ഡുക്യത്തിൽ ചർച്ച ചെയ്തതുപോലെ മാണ്ഡുക്യത്തിന്റെ രീതി ഒന്ന് വേറെയാണ് അതേ രീതിയിൽ ആ ശുദ്ധമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ആത്മവിദ്യ എന്ന് പറയുമ്പോൾ അവിടെ ഉപാസനകളോടൊന്നും ബന്ധപ്പെടുത്താം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർന്ന് വരുന്ന ഭാഗത്ത് അതിനെയൊക്കെ ബന്ധപ്പെടുത്താം ആദ്യത്തെ രണ്ടു കണ്ടത്തിൽ അതിനെ അതിനോടൊന്നും നേതം ഹരിതും പാസ്തയും എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്നു പരമാവധി അതും അതിന്റെ സവിശേഷത അതിന്റെ പരിമിതിയെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ എനിക്കിത് ബോധ്യപ്പെട്ടിരിക്കുന്നു പക്ഷെ പറയാൻ കഴിയുന്നു നിന്നെ എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് ആണ് അത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മുൻപോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും അങ്ങനെ വെളിപ്പെടുത്തുന്ന വളരെ മഹത്വമുള്ള അവശ്യം ഒരാള് ശ്രവണം ചെയ്യേണ്ട ഒരു പുൻഷത്താണ് ഇവിടെ ആളെ കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല ഒരാളുണ്ടെങ്കിലും ഞാൻ പറയും അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് എനിക്കൊരു അറ്റന്റൻസ് എടുത്തുകൊണ്ടിരുന്ന കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ വരും തുടക്കത്തിൽ ഫുൾ അറ്റൻഡൻസ് ആയിരിക്കും ഓരോ ദിവസം കഴിയുമ്പോഴും രണ്ട് മൂന്ന് നാല് പിന്നെ അത് അഞ്ച് പിന്നെ ഇരുപത് മുപ്പത് അങ്ങനെ അതിന്റെ പ്രോഗ്രസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അത് ഉദ്ദേശിച്ച ഞാൻ പറയും തലയിലെഴുത്തുള്ളവരി കേട്ടാമോ അല്ലാതെ ആരെയും നിർബന്ധിപ്പിച്ച് കേൾപ്പിക്കണമെന്ന് എനിക്ക് ഉദ്ദേശ എന്നെ വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന എനിക്കിതന്നെ യാതൊരു നിർബന്ധമാണ് എങ്കിലും പറയണിത് ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ് വളരെ മഹത്വമുള്ള ഒരു മനുഷ്യ അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അതടുത്തു ചേക്കും ശാന്തി